ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവൻ ഉണ്ടോ ഒരുത്തനെ കാണുമോയെന്ന് എരിശില്ല വീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിന്റെ വിശാല സ്ഥലങ്ങളിൽ തിരഞ്ഞ് അറിയുകയും ചെയ്യുവീൻ കണ്ടു ഞാൻ അതിനോട് ക്ഷമിക്കും യഹോവയാണേ എന്ന് പറഞ്ഞാലും അവർ കപടമായിട്ടത്രേ സത്യം ചെയ്യുന്നത് യഹോവി നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത് നീ അവരെ അടിച്ചു എങ്കിലും അവർ വേദനപ്പെട്ടില്ല നീ അവരെ ക്ഷയിപ്പിച്ചു എങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു അവർ തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കി മടങ്ങിവരുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവർ അൽപന്മാർ ുദ്ധിഹീനർ തന്നെ അവർ യഹോവിയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായവും അറിയുന്നില്ല ഞാൻ മഹാന്മാരുടെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിക്കും അവർ യഹോവിയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായവും അറിയുമെന്ന് പറഞ്ഞു എന്നാൽ അവരും ഒരുപോലെ മുഖം തകർത്ത് കയറ് പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കാട്ടിൽ നിന്ന് ഒരു സിംഹം വന്ന് അവരെ കൊല്ലും മരുപ്രദേശത്തിലെ ചെന്നായി അവരെ പിടിച്ചുകൊണ്ട് പോകും പുള്ളിപ്പുലി അവരുടെ പട്ടണങ്ങൾക്കെതിരെ പതിയിരിക്കും അവയിൽ നിന്ന് പുറപ്പെട്ടുവരുന്ന എല്ലാവരെയും പറിച്ച് കീറിക്കളയും അവരുടെ അതിക്രമങ്ങൾ വളരെയല്ലോ അവരുടെ പിൻമാറ്റങ്ങളും പെരുകിയിരിക്കുന്നു ഞാൻ നിന്നോട് ക്ഷമിക്കുന്നത് എങ്ങനെ നിന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു ദൈവമല്ലാത്തവയെ ചൊല്ലി സത്യം ചെയ്ത് വരുന്നു ഞാൻ അവരെ പോഷിപ്പിച്ച സമയത്ത് അവർ വ്യഭിചാരം ചെയ്യുകയും വേശ്യാഗ്രഹങ്ങളിൽ കൂട്ടമായി ചെല്ലുകയും ചെയ്തു തീറ്റിത്തടിപ്പിച്ച കുതിരകളെപ്പോലെ അവർ മതിച്ചു നടന്നു ഓരോരുത്തൻ താൻ തന്റെ കൂട്ടുകാരന്റെ ഭാര്യയെ നോക്കി ചിറാലിക്കുന്നു ഇവ നിമിത്തം ഞാൻ സന്ദർശിക്കാതെ ഇരിക്കുമോ ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതിരിക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട് അതിന്റെ മതിലുകളിന്മേൽ കയറി നശിപ്പിപ്പീൻ എങ്കിലും മുടിച്ചുകളയരുത് അതിന്റെ കൊമ്പുകളെ നീക്കിക്കളവീൻ അവ യഹോവയ്ക്കുള്ളവയല്ലോ ഇസ്രയേൽ ഗ്രഹവും യഹൂദഗ്രഹവും എന്നോട് മഹാദ്രോഹം ചെയ്തിരിക്കുന്നുവെന്ന് യഹോവയുടെ അരുളപ്പാട് അവർ യഹോവയെ നിഷേധിച്ചു പറഞ്ഞത് അത് അവനല്ല നമുക്ക് ദോഷം വരികയില്ല നാം വാളോ ക്ഷാമമോ കാണുകയുമില്ല പ്രവാചകന്മാർ കാറ്റായിത്തീരും അവർക്ക് അരുളപ്പാടില്ല അവർക്കങ്ങനെ ഭവിക്കട്ടെ അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ ഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് ഇതാ ഞാൻ നിന്റെ വായിൽ എന്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകുമാക്കും അവർ അതിന് ഇരയായി തീരും ഇസ്രേൽ ഗ്രഹമേ ഞാൻ ദൂരത്തുനിന്ന് ഒരു ജാതിയെ നിങ്ങളുടെ നേരെ വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട് അത് സ്ഥിരതയുള്ളൊരു ജാതി പുരാതനമായൊരു ജാതി ഭാഷ നിനക്ക് അറിഞ്ഞുകൂടാത്തതും വാക്ക് തിരിയാത്തതുമായൊരു ജാതി തന്നെ അവരുടെ ആവനാഴി തുറന്ന ശവക്കുഴി അവരെല്ലാവരും വീരന്മാരത്ര നിന്റെ പുത്രന്മാരും പുത്രിമാരും ഭക്ഷിക്കേണ്ടുന്ന നിന്റെ വിളവും നിന്റെ ആഹാരവും അവർ ഭക്ഷിച്ചുകളെയും അവർ നിന്റെ ആടുകളെയും കന്നുകാലികളെയും തിന്നുകളെയും അവർ നിന്റെ മുന്തിരിവള്ളിയെയും അതിവൃക്ഷങ്ങളെയും തിന്നുകളയും നീ ആശ്രയിക്കുന്ന നിന്റെ ഉറപ്പുള്ള പട്ടണങ്ങളെ അവർ വാൾകൊണ്ട് ശൂന്യമാക്കിക്കളയും എന്നാൽ അന്നാളിലും ഞാൻ നിങ്ങളെ മുടിച്ചുകളകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് നമ്മുടെ ദൈവമായ യഹോവ ഇവയൊക്കെയും നമ്മോട് ചെയ്യുവാൻ സംഗതി എന്തെന്ന് ചോദിക്കുമ്പോൾ നീ അവരോട് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ദേശത്ത് അന്യദേവന്മാരെ സേവിച്ചതുപോലെ നിങ്ങൾക്കുള്ള ദേശത്ത് നിങ്ങൾ അന്യജാതിക്കാരെ സേവിക്കേണ്ടി വരും എന്നുത്തരം പറയണം നിങ്ങൾ യാക്ോപഗ്രഹത്തിൽ പ്രസ്താവിച്ച് യഹൂദയിൽ പ്രസിദ്ധമാക്കേണ്ടത് കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവി ഉണ്ടായിട്ടും മൂഢന്മാരും ബുദ്ധിഹീനന്മാരുമായ ജനമേ ഇത് കേൾപ്പി നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ എന്റെ സന്നിധിയിൽ വിറക്കയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വെച്ചിരിക്കുന്നു തിരകൾ അലച്ചാലും സാധിക്കയില്ല എത്ര ഇരച്ചാലും അതിർ കടക്കയില്ല ഈ ജനത്തിനോ ശാഠ്യവും മത്സരവുമുള്ളൊരു ഹൃദയം ഉണ്ട് അവർ ശഠിച്ച് പൊയ്ക്കളഞ്ഞിരിക്കുന്നു മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതത് സമയത്തു വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തനുള്ള കാലാവധി പാലിച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ ഹോവയെ നാം ഭയപ്പെടുക എന്ന് അവർ ഹൃദയത്തിൽ പറയുന്നതുമില്ല ഇവ മാറിപ്പോകുവാൻ നിങ്ങളുടെ അകൃത്യങ്ങളത്ര കാരണം നിങ്ങളുടെ പാപങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു എന്റെ ജനത്തിന്റെ ഇടയിൽ ദുഷ്ടന്മാരെ കാണുന്നു അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു അവർ കുടുക്കുവെച്ച് മനുഷ്യരെ പിടിക്കുന്നു കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നതുപോലെ അവരുടെ വീട്ടിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു അങ്ങനെ അവർ മഹാൻമാരും ധനവാന്മാരും ആയിത്തീർന്നിരിക്കുന്നു അവർ പുഷ്ടിവച്ച് മിന്നുന്നു ദുഷ്കാര്യങ്ങളിൽ അവർ കവിഞ്ഞിരിക്കുന്നു അവർ അനാഥന്മാർക്ക് ഗുണം വരത്തക്കവണ്ണം അവരുടെ വ്യവഹാരം നടത്തുന്നില്ല ദരിദ്രന്മാർക്ക് ന്യായപാലനം ചെയ്യുന്നതുമില്ല ഇവനിമിത്തം ഞാൻ സന്ദർശിക്കാതെ ഇരിക്കുമോ ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതെ ഇരിക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട് വിസ്മയവും ഭയങ്കരവുമായുള്ളത് ദേശത്ത് സംഭവിക്കുന്നു പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി അധികാരം നടത്തുന്നു എന്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു എന്നാൽ നിങ്ങൾ എന്തു ചെയ്യും